അല്ലാഹുവിനെക്കുറിച്ച് മോശമായി വിചാരിക്കുന്ന കപടവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ ശിക്ഷിക്കുകയും ചെയ്യും അവർക്ക് ദുരന്തത്തിന്റെ വൃത്തം ചുറ്റപ്പെട്ടിരിക്കുന്നു അല്ലാഹുസുബഹാനഹുവ റ്റായ അവരോട് കോപിക്കുകയും അവരെ ശപിക്കുകയും അവർക്കായി നരകമൊരുക്കിവയ്ക്കുകയും ചെയ്തു അതെത്ര മോശമായ മടക്ക